വന്ന ചിന്തക്കായിട്ട് ഹിബ്രായ ലേഖനത്തിൽ നാലാമധ്യായത്തിൽ നിന്നും നമുക്ക് ഒമ്പതാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് ഹിബ്രായ ലേഖനം നാലാം അധ്യായം ഒമ്പതാം വാക്യം ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശപത്തനുഭവം ശേഷിച്ചിരിക്കുന്നു ാലിൻ്റെ പതിനൊന്നിനിങ്ങനെ നമ്മൾ വായിക്കുന്നു അതിൻ്റെ രണ്ടാം ഭാഗം നാം ആ പ്രവേശിക്കുവാൻ ഉത്സാഹിക്കുക ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബാക്കി നിൽക്കുന്ന അല്ലെങ്കിൽ ശേഷിക്കുന്ന ഒരു അനുഭവം ആയിട്ട് അഭിപ്രായ ലേഖനകരകാരൻ ഇവിടെ എടുത്തു പറയുന്നൊരു കാര്യമാണിത് ഒരു ശപത്തനുഭവം നാം വ്യക്തിപരമായി കത്താവിനെ അറിയുകയും കത്താവിനെ ആശ്രയിക്കുകയും കത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നാം വളരുകയും ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ തന്നെ ഇവിടെ പറയുന്ന ദൈവജനത്തിന് സഭയെന്ന തൻ്റെ ഇന്ന് ഭൂമിയിലുള്ള കത്താവിൻ്റെ ശരീരമായ സഭയിൽ ഈ ഒരു ഉണ്ടാകണമെന്ന് പരിശുദ്ധാത്മാവ് ഹിപ്രായ ലേഖനകാരനിലൂടെ നമ്മളോട് ആവശ്യപ്പെടുകയാണ് അവിടെ നാലാമധ്യായം തുടങ്ങുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള ഈ വാഗ്ദത്തം നോക്കുക അതൊരു നാം ഉത്സാഹിച്ച് പ്രാപിക്കേണ്ട ഒരു വാഗ്ദത്തമായിട്ടാണ് ദൈവത്തിൽ നാം കാണുക ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കേണ്ടതൊരു ഒരു ഓപ്ഷനലായിട്ടൊരു കാര്യമല്ല മറിച്ച് ദൈവമക്കൾ പ്രാപിക്കേണ്ട ഒരു വാഗ്ദത്തമാണ് എന്നിട്ട് ഇവിടെ ആ നലമധേയം തുടങ്ങുമ്പോൾ ഇങ്ങനെ പറയാം ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക രണ്ടാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത് അവരെപ്പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു പിന്നെ സഭയായിട്ട് നാം പ്രാപിക്കേണ്ട ഒരു വാഗ്ദത്വമായിട്ട് വാഗ്ദത്വം എന്ന നിലയിൽ ഞാൻ സഭയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വ്യക്തിപരമായി ഈ ഒരു സ്വസ്ഥതയിലേക്ക് നമുക്ക് അടക്കേണ്ടത് ആവശ്യം ദൈവസഭയിൽ ദൈവത്തിൻ്റെ ജനമെന്നുള്ള നിലയിൽ നാം പ്രാപിക്കേണ്ട ഒരു നിലയിൽ ഇന്ന് ഈ കാര്യങ്ങളെ ചിന്തിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് ഈ ഒരു പഴയ നിയമ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പൗലസപ്പ സോലനിൽ നമുക്കൊരു തരുന്ന വാണിംഗി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മളിപ്പോഴും ചിന്തിക്കാറുണ്ട് ഒന്ന് കുറയുന്ന ലേഖനം പത്താം അധ്യായത്തിൽ നമുക്ക് മരുഭൂമിയിലെ സഭയെപ്പറ്റി പൗലസപ്പ സോലൻ പറയുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് ആ സഭയെ അവിടെ വരച്ച് കാട്ടുന്നത് പത്താം അധ്യായത്തിന് തുടക്കം നോക്കുക ഇവിടെ അങ്ങനെയാണ് പറയുന്നത് സഹോദരൻ കുറേ ലഹനം പത്താം അധ്യായം ഒന്ന് മുതൽ സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു എല്ലാവരും ഒരേ ആത്മീയപാനം പാനീയം കുടിച്ചു നമുക്ക് മരുഭൂമിയിലെ സഭയെപ്പറ്റി എത്ര മനോഹരമായിട്ടാണ് വിശേഷം അവിടെ മേഘത്തിന് കീഴിലായിരുന്നു അവർ അവർ മോശയോട് അല്ലെങ്കിൽ കടലിലൂടെ കടന്ന് സ്നാനത്തിൻ്റെ മുൻകൂറിയായി നമ്മൾ ആ കാര്യങ്ങൾ ചിന്തിക്കുന്നു അവിടെ മോശിയോട് ചേർന്നു നമുക്ക് അവിടെ സ്നാനമേറ്റു ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കാണുമ്പോൾ തന്നെ ഈ ഭാഗം നമ്മളോട് ഓരോ അപ്പം സ്വന്തം പറയുന്നത് ഒരു വാണിങ് ആയിട്ടാണ് ഒരു വാണിങ് പോലെ കാരണം നമ്മൾ ഹിപ്രഹനത്തിൽ വായിച്ചു നിങ്ങളും അവരെപ്പോലെ ഒരു സദ്വർത്തമാനം കേട്ടവരാണ് നോക്കി സദ്വർത്തമാനം കേട്ട നമ്മളോട് പഴയ നിയമത്തിലെ ആ മരുഭൂമിയിലെ സഭയുടെ അനുഭവത്തിൽ നിന്നൊരു പാഠം പഠിപ്പിക്കുമ്പോൾ എന്താണ് അതേ തുടർന്ന് നമ്മൾ കാണുന്നത് അവിടെ എന്താണ് സംഭവിച്ചത് ഈ മനോഹരമായിട്ട് ഈ അവതരണത്തിന് തുടർന്ന് നമ്മൾ കാണുന്നു അവിടെ ബാഹ്യമായ ഒരു കൂടിയവരവ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നു അവർ ഭൂമിയിൽ അല്ലേ മോശയോട് ചേർന്നു എന്ന് പറയുമ്പോൾ ഒരു ആന്തരികമായ ഒരു ആത്മാവിൻ്റെ അനുഭവമായിരുന്നില്ല മറിച്ച് അതൊരു ബാഹ്യമായ ഒരു തോന്നുന്നു പുറമേ നോക്കുമ്പോൾ ഇതെല്ലാം സംഭവിച്ചു അതെ ചെങ്കളിൽ പിളർന്ന് അവൾ തപ്പുകൾ കൊട്ടി ആഘോഷത്തോടെ അവർ മറുകരയിലേക്ക് കടന്നു അവിടെ മോശയെ പിൻപറ്റി അവർ മുമ്പോട്ട് പോകുന്നു ഒരു അനുഭവം പക്ഷെ നോക്കുക അവിടെ ബാഹ്യമായ വെറുമൊരു ബാഹ്യമായ ഒരു ഒരു കെട്ടുപാടിനുള്ളിൽ ആ കാര്യങ്ങൾ നിന്ന് പോയി അതേ തുടർന്ന് നമുക്കറിയാം എന്താണ് ആന്തരികമായ അവസ്ഥ എന്തായിരുന്നു ആ സഭയുടെ അവിടെ മത്സരികളായിരുന്നു അവർ ദുർമോഹികളായിരുന്നു താഴെ നമ്മൾ വായിക്കുന്നുണ്ട് ദുർമോഹികൾ അവർ വിഗ്രഹാരാധ ആരാധികളായിരുന്നു അവർ ദൈവത്തെ നിരന്തരം പരീക്ഷിക്കുന്നവരായിരുന്നു അവർ പിറുപെറുപ്പ് എപ്പോഴും പരാതിയുള്ളവരും വരുമായിരുന്നു പിന്നെ നമ്മൾ വീണ്ടും കാണുന്നവര് വീണ്ടും അനുസരണക്കേട്ടൽ ആ നിലയിൽ അനുസരിക്കാതെ ഇപ്പോഴും മത്സര്യമുള്ളവരായിരുന്നു എന്നിട്ട് പത്താം അധ്യായത്തിന് പതിനൊന്നാം വാക്യം നമ്മൾ പറയുന്നു ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു നമുക്ക് ആദ്യമ ആ നിലയിൽ പഴയ നിയമസഭയിൽ വന്നു ചേർന്ന ഒരു അപകടം നമുക്കും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് ഗതാഗത ലേഖനകാരൻ നാലാമധ്യായത്തിൽ ഒന്നാം വാക്യം വായിച്ചു ഞാൻ ഭയപ്പെടുന്നു അസ്വസ്ഥതയിലേക്ക് ആന്തരികമായ ഒരു ജീവിതത്തിലേക്ക് ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ കടക്കാതെ വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്ന് ലേഖനകർത്താവ് പറയുന്നത് ഈ ഒരു അനുഭവം മുമ്പിൽ കണ്ടാണ് പഴയ നിമിഷിനെ പറ്റിയ ആ അപകടം നമുക്കുണ്ടാവരുത് പ്രിയപ്പെട്ടവരെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാമം തുടർച്ചയായി അവരെ പോലെ ഒരു ശബ്ദവർത്തമാനം കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് സഭയിൽ നമ്മൾ കടന്നു വരുന്നു ദൈവം നമ്മോട് സംസാരിക്കുന്നു നാം ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നു പക്ഷേ ഈ പഴയ നിയമസഭയെപ്പോലെ തന്നെ നമുക്കത് ഉപകാരമായി വരാതിരിക്കുന്ന ഒരപകടം ഇവിടെ പൗലോസഭ പുസ്തകം നമ്മളെ ഓർപ്പിക്കുകയാണ് നാം ഭയപ്പെടണം നോക്കി ഇന്ന് ഈ ഭൂമിയിൽ കർത്താവ് രണ്ടായിരം വർഷം മുമ്പ് യേശു ദേഹരൂപത്തിൽ വന്ന് പിതാവിനെ വെളിപ്പെടുത്തിയതുപോലെ പിതാവ് ആരാണെന്ന് നമുക്ക് കാണിച്ചു തന്നതുപോലെ ഇന്ന് ഇന്ന് ഈ നാടുകളിൽ കർത്താവിൻ്റെ വരമനു ഈ നാടുകളിൽ യേശുവിനെ വെളിപ്പെടുത്തുവാനായിട്ട് ഇന്ന് ദൈവം വെച്ചിരിക്കുന്ന സഭയാണ് തൻ്റെ സഭയാണ് അപ്പം അതുകൊണ്ട് ലോകത്തിന് യേശുവിനെ വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ അതുകൊണ്ടാണ് നാം ഗൗരവത്തോടെ ഈ കാര്യത്തെ കാണണം നാം ഭയപ്പെടണം നാം ആന്തരികമായ സ്വസ്ഥതയെ പ്രാപിച്ചവരായിരിക്കും ഞാൻ ഇന്നാ കുഞ്ഞുങ്ങൾ പാട്ട് പാടിയപ്പോൾ സന്തോഷം എക്സ്പ്ലെയിൻ ചെയ്തല്ലോ അത്ര മനോഹരമായിരിക്കുന്നു അതാണ് യഥാർത്ഥമായ സ്വസ്ഥതയുടെ അനുഭവമാണ് ഒരിക്കൽ ഞാൻ അനുഗ്രഹങ്ങളായിരുന്നു ഒരിക്കൽ ഞാൻ ഒരു ഒരു ഹീലിംഗ് ആയിരുന്നു ആഗ്രഹിച്ചത് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ചില കാര്യസാധ്യതകളായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ എനിക്കൊരു ഒരു ഒരു ഫീലിംഗ് ആയിരുന്നു അത് പക്ഷേ ഇന്ന് അതല്ല അതല്ല എനിക്ക് യേശു തന്നെ ഇതാണ് യഥാർത്ഥത്തിൽ സ്വസ്ഥതയുടെ ജീവിതം നാം സഭയായിട്ടത് പ്രാപിക്കണമെന്നാണ് ഇവിടെ ഈ ലേഖനങ്ങളിലെല്ലാം നമ്മോട് വ്യക്തമായിട്ട് ലേഖനകർത്താക്കൾ ആവശ്യപ്പെടുന്നത് നമുക്ക് ആദിമസഭയുടെ ചിത്രം മനോഹരമായിട്ട് നമ്മൾ ഒരു ചിത്രം നമുക്ക് അപ്പസ്തോല പ്രവർത്തികളിൽ കാണാം അപ്പസ്തോല പ്രവർത്തി രണ്ടാം അധ്യായത്തിൽ ഒറ്റ വാക്കിൽ അന്നത്തെ സഭയുടെ നമുക്ക് മാതൃകയായിട്ട് എടുക്കാവുന്ന ഒരു കാര്യം സഭയുടെ ആരംഭകാലം എങ്ങനെയാണ് സഭ രൂപപ്പെട്ടത് അതിന് അതേ തുടർന്നുള്ള ആ നാളുകൾ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ വായിക്കാറുണ്ടല്ലോ അവിടെ രണ്ടാമധ്യായത്തിൻ്റെ നാൽപ്പത്തിയാറാം വാക്യം ഒറ്റ വാക്കിൽ എങ്ങനെ നമ്മൾ വായിക്കുന്നു അവർ ഒരു മനപ്പെട്ടു ഒരു ദേവാലയത്തിൽ കൂടി വീടുകളിൽ അപ്പം നിറക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു കത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു നമുക്ക് ഈ ഒരു ആന്തരിക അനുഭവമുള്ളവരായിട്ട് ആന്തരികമായ സന്തോഷവും സമാധാനവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനപ്പെട്ട് ഒറ്റ ഹൃദയത്തോടെ ഐക്യതയോടെ അവരൊന്നിച്ച് ഹൃദയപരമാത്ഥതയോടെ ഉല്ലാസത്തോടെ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ പൂർണ്ണമായും വെച്ചു കൊടുത്തവരായിട്ട് നോക്ക് അവിടെ പറയുന്നു സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കാൻ തക്കവണ്ണം അവർക്ക് ആന്തരിക ജീവിതമുണ്ടായിരുന്നു അതൊരു ബാഹ്യമായ ചട്ടക്കൂടായിരുന്നില്ല അത് മനുഷ്യർക്ക് ബാഹ്യമായി മാത്രം ആ നിലയിൽ ഒരു ആഘോഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സന്തോഷത്തിൻ്റെ ഒരു ഒരു പ്രതീതി ജനിപ്പിച്ചതിനപ്പുറത്തേക്ക് ഒരു ജീവിതത്തിൻ്റെ പിൻബലമുണ്ടായിരുന്നു പ്പെട്ടവരെ നമുക്ക് ചില പല പൗരസ്പങ്ങൾ ചില ലേഖനങ്ങളിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ സഭയെപ്പറ്റി ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ താൽപ്പര്യം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം റോമാലേഖനം പതിനഞ്ചാം വാക് അധ്യായത്തിൽ നമുക്കൊരു വാക്യം നോക്കാം റോമർ പതിനഞ്ചിൻ്റെ അഞ്ചു ആറും വാക്യങ്ങളിൽ എങ്ങനെയാണ് റോമർ പതിനഞ്ചിൻ്റെ അഞ്ചും ആറും എന്നാൽ നിങ്ങൾ ഐക്യമത് നമ്മുടെ കത്താവായ യേശു പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായിനാൽ മഹത്തീകരിക്കേണ്ടതിന് സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തു അനുരൂപമായി തമ്മിൽ ഏകചിന്തയോടെയായിരിക്കുവാൻ കൃപ നൽകുമാറാകട്ടെ നമുക്ക് സഭയെപ്പറ്റി പറയുന്നിടത്തെല്ലാം അവിടെ ഒരു തമ്മിൽ ഐക്യമെത്തമത്യപ്പെട്ട് പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരേ വായനാൽ മഹത്തീകരിക്കപ്പെടുന്ന ഒരു മഹത്തീകരിക്കുന്നൊരനുഭവം നമുക്ക് അവിടെ നോക്കുക അവിടെ എന്താണുള്ളത് സ്ഥിരതയും ആശ്വാസവും ദൈവം അതിലൂടെ നൽകും നമുക്ക് സഭ കേവലം ഏതെങ്കിലും ആഴ്ചയിൽ വന്ന് കേട്ട് സദ്വർത്തമാനം കേട്ട് മടങ്ങിപ്പോകുന്നൊരിടമല്ല നമ്മളെങ്ങനെയാണ് ഏത് മനോഭാവത്തെക്കൂടെയാണ് സഭയിലേക്ക് കടന്നു പോകുന്നത് വരുന്നത് എന്ന് നമുക്ക് ചിന്തിക്കണം ഇപ്പോഴൊരു നല്ല വചനമുള്ളൊരു സഭയാണെന്ന് അവിടെ കൂടിയേക്കാ ഞാൻ പലയിടത്ത് പോയി ഇവിടാണ് ഭേദം എന്ന് കരുതി വന്നു പോകാവുന്നൊരിടമല്ല ദൈവം സഭയിൽ നമ്മളെ ആക്കി വച്ചിരിക്കുന്നതിനായിട്ടല്ല ഈ ആഴ്ച ഇവിടെ പോകാൻ അടുത്തയാഴ്ച എനിക്ക് വേറെ ഇടത്ത് പോകാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും നാം ദൂരോട്ട് ദൂരോട്ട് മാറിപ്പോവുകയാണ് അറിയാതെ നോക്കി ഇവിടെ ഇവിടെ സഭയിലെ ഒരു ആന്തരിക ജീവിതമുണ്ട് ഇവിടെ ഒരു കൂട്ടായ്മയുണ്ട് ഒരു സ്നേഹത്തിൻ്റെ ഐക്യതയുണ്ട് ഇവിടെ ഒരേ വായനാൽ ഒരേ നാവിനാൽ ഒരേ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടമുണ്ട് അത് കേവലമൊരു കൂടിവരവന് അപ്പുറത്താണ് നമുക്ക് എഫ് ലേഖനത്തിൽ നിന്നും നമുക്ക് ഒരു ഒരു ഭാഗം ചിന്തിക്കാം വിഭസി ലേഖനം നാലാം അധ്യായം മൂന്നാം വാക്യം ഇങ്ങനെയാണ് ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവേൻ നമുക്ക് സഭയിൽ നാം പരസ്പരം സ്നേഹിക്കുകയും സമാധാനത്തിലായിരിക്കുകയും ചെയ്യേണ്ടത് എത്രമാത്രം ആവശ്യമാണ് സഭ കേവലം വരത്ത് പോക്കാനുള്ള സ്ഥലമല്ല അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സഭയിൽ ദൈവത്തെ ആരാധിച്ചാൽ മതിയെന്ന് നാം തെറ്റിദ്ധരിച്ച് വഞ്ചിക്കപ്പെട്ടു പോകാനുള്ള അപകടം ഈ നാളുകളിൽ നാം കൂടുതൽ തിരിച്ചറിയണം ഇവിടെ നോക്കി ഇവിടെ സമാധാന ബന്ധത്തിൽ സമാ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവൻ അതിൻ്റെ പതിനാറാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നു ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിൻ്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കുവാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു നോക്കുക ഒരു ശരീരമായി സ്നേഹത്തിലുള്ള വർധനവ് ലോകത്തിൽ ക്രിസ്തുവേശുവിനെ പ്രതിഫലിപ്പിക്കുന്ന ഒരളവിലേക്ക് ഓരോ അവയവവും നാം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണെന്ന് നാം അറിയുന്നു ഓരോ അവയവും യുക്തമായിട്ട് അത് ചേരുമ്പടി ചേർന്ന് ഏകീഭവിച്ച് ഒരു ശരീരമായി തീരുന്നൊരു ഒരവസ്ഥയാണ് സഭയിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഇത് എത്ര വലിയ കാര്യമാണ് നമ്മളതിൻ്റെ അർത്ഥം എല്ലാവർക്കും വചനമറിയാം പക്ഷേ നമ്മൾ എത്രമാത്രം ഈ ഗൗരവത്തോടെ സഭയിലേക്ക് കടന്നു വരുന്നു ദൈവസഭയിൽ വന്ന് ഞായറാഴ്ച ഒരു ആരാധന കഴിഞ്ഞപ്പോൾ ഒരു തൃപ്തിയാണോ നമുക്കുള്ളത് ദൈവം അതല്ല ഈ നെയ്ശികർത്താവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുവാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ദൈവത്തിന് കർത്താവിൻ്റെ ശരീരമായ സഭയിൽ നാം ഈ ഒരു ഗൗരവത്തോടെ നാം കടന്നു വന്നില്ലെങ്കിൽ കത്താവിൻ്റെ ഹൃദയത്തിൽ നിന്ന് നാം ദൂരെ പോവുകയാണ് എന്ന് നാം അറിയണം ഫിലിപ്പീൻ ലേഖനം എന്തുകൊണ്ടാണിത് ഇത് കത്താവ് പറയുന്നത് എത്ര എത്രമാത്രം പ്രധാനമാണിത് എന്ന് ഫിലിപ്പിൻ ലേഖനത്തിൽ ഒരു വാക്യം നമുക്ക് വായിക്കാം ഫിലിപ്പിൻ ലേഖനം ഒന്നാം അധ്യായത്തിൽ ഇരുപത്തി ഏഴും ഇങ്ങനെ വായിക്കുന്നു അവിടെ ഇരുപത്തിയഞ്ചിൻ്റെ ഞാൻ ഇരുപത്തിയഞ്ചിൽ ഇങ്ങനെ വായിക്കുന്നു ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിൽ നിന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിനും കുലുങ്ങി പോകാതെ ഏകമനോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നുവെന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവും വണ്ണം മാത്രം നടക്കുവിൻ ഇത് അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും ഒരടയാളമാകുന്നു പിന്നെ ഇവിടെ രണ്ടായിരം വർഷം മുമ്പ് കാൽവരിൽ കത്താവ് യാഗമായി അതിനു മുമ്പ് മുപ്പത്തി വർഷം ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ സാത്താന് കത്താവിനെ ഒരു വിധത്തിലും തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല പാതാള ഗോപുരങ്ങൾ കത്താവിന്റെ സന്നിധിയില് അവർക്കൊന്നും ചെയ്യാൻ അവർ പരാജയപ്പെട്ട് അവർ നിലവിളിയോടെ അല്ലേ മുമ്പിൽ ഒരു സാത്താനും വന്ന് നിലവിളിച്ച് ഓടിപ്പോകുന്ന ഭാഗം സമയത്തിന് മുമ്പ് ഞങ്ങളെ പീഡിപ്പിക്കരുതേ നമുക്ക് സാത്താൻ ഭയപ്പെടുന്ന ഒരു ശുശ്രൂഷയിൽ കത്താവായിരുന്നതുപോലെ ഇന്ന് ഇന്ന് ഈ ലോകത്തിൽ മനുഷ്യരുടെ മുമ്പിൽ സാത്താൻ ഭയക്കുന്ന ഒരിടമായി നാം മാറണമെങ്കിൽ നാം ഈ നിലയില് ആന്തരികമായ ഒരാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ അല്ലെങ്കിൽ സഭയ്ക്കെതിരെ വരുന്ന പോരാട്ടങ്ങൾ വ്യക്തിപരമായി ഓരോ കുടുംബങ്ങൾക്കെതിരെ വരുന്ന പോരാട്ടങ്ങൾ ഇവയിലൊക്കെ കുലുങ്ങി പോകാതെ സുവിശേഷത്തിന് വേണ്ടി ഒരു പോരാട്ടം നടത്തണമെങ്കിൽ നോക്കുക ദൈവം സഭയാണ് ഇന്ന് നടത്തിയിരിക്കുന്നത് വ്യക്തിപരമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാത്താൻ മേൽ വിജയമുണ്ട് അപ്പോൾ തന്നെ സഭയിൽ സഭയെ ദൈവം മേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എത്രയോ വലുതാണ് ഇത് അനേകരുടെ രക്ഷയ്ക്കായിട്ട് മാറ്റുവാൻ തക്കവണ്ണം ഒരടയാളമായി നാം നാം നാം കരുതണം ഇതാണ് സാത്താൻ സഭയ്ക്കെതിരെ ശക്തിപ്പെടാൻ കഴിയാത്തവണ്ണം സഭ എത്രമാത്രം ഏക ആത്മാവിലായിരിക്കണം എന്നാണ് സുവിശേഷകാരൻ അവിടെ എഴുതുന്നത് ഇത് നമുക്ക് കത്താവിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹവും നമുക്ക് കത്താവ് പറഞ്ഞ ചില കാര്യങ്ങൾ ചിന്തിക്കാം കത്താവ് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോകുന്നതിന് മുമ്പ് താൻ പ്രാർത്ഥിക്കുന്ന ചില രംഗങ്ങളിൽ എത്രമാത്രം തൻ്റെ സഭയെ തൻ്റെ ഹൃദയത്തിൽ സഭയെ വഹിച്ചിരുന്നു ദൈവജനത്തെ എത്രമാത്രം കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥനയൊന്നും ശ്രദ്ധിക്കാം പതിനേഴാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം എങ്ങനെയാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത് ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല യോഹന്നാരൻ സുവിശേഷം പതിനേഴാം അധ്യായം പതിനൊന്നാം വാക്യം ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല വരോ ലോകത്തിലിരിക്കുന്നു ഞാൻ നിന്റെ അടുക്കൽ വരുന്നു പരിശുദ്ധ പിതാവേ അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ നോക്കുക ഹൃദയം കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം താൻ ഈ ലോകത്തിൽ നിന്ന് പോവുകയാണ് തൻ്റെ ശിഷ്യന്മാരോ ആദ്യത്തെ സഭ ഭൂമിയിൽ രൂപപ്പെടുമ്പോൾ അവരെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ആഗ്രഹം ഇതാണ് പിതാവേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു എന്താണ് അവർ നമ്മെ പോലെ ഒന്നാവണം കഥാവ് പ്രാർത്ഥന താഴേക്ക് വരുമ്പോൾ ഇരുപത്തി ഒന്നാം വാക്യം വീണ്ടും പറയുന്നു എന്തിനു നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിക്കുവാൻ അവർ ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു വീണ്ടും അവരെല്ലാവരും ഒന്നാകേണ്ടത് എന്തിനാ എന്തിനു വേണ്ടിയാ അവരൊന്നാകുന്നത് വഴി ഒരാത്മാവിൽ അവർ ലോകത്തിൽ എന്നെ പ്രതിഫലിപ്പിക്കുമ്പോൾ ലോകമറിയും ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി യേശുതമ്പുരാൻ ഭൂമിയിൽ വന്നു എന്ന് ഈ സഭയിലൂടെ ഇവരൊന്നായിരിക്കുന്നത് വഴി ലോകത്തിന് വെളിപ്പെടണം ഇതാണ് ദൈവം സഭയ്ക്ക് തന്നിരിക്കുന്ന മഹത്വം അദ്ദേഹത്തെ വീണ്ടും കഥാവ് പ്രാർത്ഥിക്കുന്നു ഇരുപത്തി മൂന്നിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകമറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കും തന്നെ നോക്കുക ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കണം അവരൊന്നായിരിക്കണം നമ്മൾ ഈ ഒരു ഗൗരവത്തോട് കത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ഈ ആഗ്രഹത്തോട് നാം എങ്ങനെയാണ് പ്രതികരിച്ചിട്ടുള്ളത് നമ്മൾ സഭയിലേത് മനോഭാവത്തോടെയാണ് കടന്നുവന്നത് ഈ ഒരു കൊച്ചു സഭയെപ്പറ്റി കത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ് നമുക്ക് കർത്താവിൻ്റെ പ്രാർത്ഥനയുണ്ട് എത്രയോ വ്യക്തമായിട്ടാണ് മൂന്ന് കാര്യങ്ങളാണ് കത്താവിൻ്റെ ഈ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് ഉരുത്തിരിച്ചെടുക്കാൻ പറ്റുന്നത് എന്താണ് ആദ്യമായി പ്രാഥമികമായിട്ട് എന്താണ് അവർ നമ്മിലാവണം നമ്മിലാവണം പിതാവേ അവർ നമ്മിലാവണം നാം വ്യക്തിപരമായിട്ട് കർത്താവിനെ എൻ്റെ ജീവിതത്തിൻ്റെ നാഥനും രക്ഷകരമായിട്ട് സ്വീകരിക്കുന്നതിന് അപ്പുറത്തേക്ക് ഇന്ന് ഇന്ന് പറഞ്ഞു ഇന്ന് എനിക്ക് പല കതാവിൽ നിന്നും നേട്ടങ്ങളായിരുന്നു കത്താവിന് ഞാൻ ഉപയോഗിച്ച് എ ബി സിം സത് മാറിയതുപോലെ ഇന്ന് കത്താവ് തന്നെയാണ് എൻ്റെ എൻ്റെ എല്ലാം ഒരു വില കൊടുത്തുള്ള ജീവിതമാണ് കത്താവ് എന്താ പറഞ്ഞേ കത്താവിൻ്റെ സ്നേഹത്തിൽ എങ്ങനെയാണ് കത്താവിലാകുക യോഹൻ അനുസരിച്ച് പതിനഞ്ചാം അധ്യായത്തിലെ കത്താവ് അത് പറയുന്നുണ്ട് അല്ലേ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവൻ്റെ സ്നേഹത്തിലായിരിക്കുന്ന പോലെ തന്നെ നിങ്ങളെൻ്റെ കൽപ്പനകൾ പാലിച്ച് എന്റെ എന്റെ സ്നേഹത്തിലായിരിക്കുക പ്രിയപ്പെട്ടവരെ ഒരു വില കൊടുത്തുള്ള ജീവിതം പ്രാഥമികമായിട്ട് കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നു അവർ നമ്മിലാവണം അതായത് പിതാവിലും പുത്രനിലും അല്ലെങ്കിൽ ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മെയും വിളിച്ചിരിക്കുന്ന ക്ഷണം പിതാവെ അവർ നമ്മിലായിരിക്കണം രണ്ടാമത്തെ കാര്യം എന്താ അവരെല്ലാവരും ഒന്നാവണം അവരെല്ലാവരും ഒന്നാവണം നമ്മെ പോലെ അവർ ഒന്നാകണം മൂന്നാമതൊരു കാര്യമാ മൂന്നാമതൊരു കാര്യം അതിൻ്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് പതിനേഴിൻ്റെ ഇരുപത്തിയാറിൽ നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിൻ്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു നോക്കുക ഞാൻ നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാവണം സഭയിലാവണം പ്രിയപ്പെട്ടവരെ ഞാനീ വചനത്തിന് മുമ്പിൽ ഭയപ്പെടുക കത്താവ് എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അതേ സ്നേഹം എനിക്ക് സഭയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഈ സഹോദരനെയോ ആ സഹോദരനെയോ ഈ സഹോദരനെയോ ആ നിലയിൽ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നോക്കൂ ഇവിടെ ഞാൻ ഹൃ ദൈവത്തിൻ്റെ ഹൃദയത്തിന് പുറത്താം കത്താവ് സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അത്രമാത്രം അത്രമാത്രം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞിരുന്ന മർമ്മമായ സഭയിൽ എങ്ങനെ ആയിരിക്കണമെന്ന് ഇന്ന് വ്യക്തമായിട്ട് പരിശുദ്ധമാവുന്ന ഹൃദയത്തോടെ ഇടപെടട്ടെ നമുക്ക് ഇന്ന് ചിന്തിക്കാൻ ഞാനൊരു സദ്വർത്തമാനം കേൾക്കാൻ എല്ലാ ആഴ്ചയിലും നമ്മുടെ താല്പര്യം എന്താണ് ഓ ഈ കോൺഫറൻസിൽ കോൺഫറൻസ് ഉണ്ട് ഈ അടുത്ത ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആരാണ് കോൺഫറൻസിന് വരുന്നത് ബഹദ്ര ഓ കൊള്ളാം അല്ലെങ്കിൽ പിന്നെ ആരാണുള്ളത് ഒരു കേൾവിയിലേക്കായിട്ട് നാം എപ്പോഴും നാം ഉത്സാഹിക്കപ്പെടുക പക്ഷേ ഈ കേൾവി ഒരു പ്രയോജനമായി തീരാത്ത ഒരു ഒരു കാര്യമാണ് നമ്മൾ തുടക്കത്തിൽ ചിന്തിച്ചത് നമ്മെപ്പോലെ അവരും ഒരു സത്യപ്രസ്ഥാനം കേട്ടതാണ് മോശയും ജോഷുവയും എല്ലാം ദൈവത്തിൻ്റെ ഹൃദയത്തെ വഹിച്ചവരാണ് അവർക്കത് പ്രയോജനമായിട്ട് തീർന്നില്ല പ്രിയപ്പെട്ടവരെ നാം ഭയപ്പെടുത്തുവാനായിട്ടല്ല മറിച്ച് മറിച്ച് കത്താവിൻ്റെ ഹൃദയത്തെ നാം കാണണം സഭ കത്താവിനെ വെളിപ്പെടുത്തണമെന്ന് വലിയ വലിയ ഒരു ഉദ്ദേശത്തിൽ ആക്കി വച്ചിരിക്കുന്ന നമ്മെ കത്താവിൽ അതിൽ കുറവുള്ളവരായി കാണുവാൻ ഈ നാളുകളിൽ ഇടയാകാതിരിക്കട്ടെ അപ്പോൾ സഭ എന്താണ് നമ്മൾ കേവലം സദ്വർത്തമാനം അല്ലെങ്കിൽ സുവിശേഷം കേൾക്കുന്ന ഒരു സ്ഥലമായിട്ടല്ല സഭയെ നമുക്ക് കാണേണ്ടത് പിന്നെന്താണ് സഭ ഞാൻ അടുത്ത ദിവസം ഏതോ ഒരു ദിവസം വായിച്ചൊരു കാര്യം സഭയെ ഈ നിലയിൽ നിന്ന് വ്യക്തമാക്കാനായിട്ട് സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ടോക്കിയോയിലുള്ള ഒരു ചെറുപ്പക്കാരനെ കുറിച്ചാണ് ഞാൻ വായിച്ചത് ടോക്കിയോയിൽ അവൻ വീടിന് പുറത്തിറങ്ങാൻ ഭയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഒരു സ്കൂൾ സ്കൂളിലുള്ള വിദ്യാർത്ഥിയായിരിക്കെ അവന് ക്ലാസുകളിലെല്ലാം വളരെ പൂർ ഗ്രേഡ് ആണ് അവൻ പഠിക്കാൻ വളരെ മോശമാണ് എന്ത് സംഭവിച്ച അവന് സ്കൂളിൽ പോകാൻ മടിയായി അവൻ സ്കൂളിൽ പോകാതായി പോകാതാകുമ്പോൾ അവന് അറിയാം നമുക്കറിയാം അങ്ങനെ വരുമ്പോൾ അപകഷതാബോധങ്ങൾ ഉണ്ടാവും അവൻ എന്തുകൊണ്ട് അവന് മുറിയിൽ കഴി കഥ മുഴുവൻ ഉറങ്ങും പകൽ മുഴുവൻ ഉറങ്ങും രാത്രി എഴുന്നേറ്റ് വല്ല ഒക്കെ കഴിച്ച് ടി വി രാത്രി മുഴുവൻ ടി വി മാതാപിതാക്കൾക്ക് ഹെൽപ്ലെസ്സായ ഒരവസ്ഥയിൽ അവർ നിൽ അവർ നിൽക്കുകയാണ് ഇവൻ പകലപ്പുറത്ത് വരികയല്ല വളരെ വളരെ പെട്ടെന്ന് തന്നെ ഇവന് അവൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ള ബന്ധങ്ങളിൽ അവന് അവന് ഒരു ഡിസ്കണക്റ്റായി നമ്മൾ സത്യച്ചിട്ടുണ്ടോ നമ്മളെത്ര വേഗം എത്രയധികം നമ്മൾ എത്ര ദൂരെ മാറി നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്നോ അല്ലെ വ്യക്തിബന്ധങ്ങളിൽ നിന്നും ദൂരം മാറി മാറി മാറി പോകുമ്പോൾ വളരെ വേഗം ഒരു ഡിസ്കണക്റ്റ് സംഭവിക്കും നമ്മൾ വളരെ ദൂരെ നമ്മൾ നമ്മൾ ദൂരെ മാറി നിൽക്കുമ്പോൾ വളരെ വേഗം നമ്മൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമുക്കൊരു ടോട്ടലി ഡിസ്കണക്റ്റഡ് ആകും അപ്പോൾ അവന് അവനിൽ ഭയവും ആ നിലയിലൊക്കെ അവനാ സമൂഹത്തിൽ നിന്ന് മുഴുവൻ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവൻ്റെ സുഹൃത്തുക്കൾ അവൻ്റെ കുടുംബക്കാർ ആരോ ഇത് അവസ്ഥ കണ്ട് അവർ ടോക്കിയോയിലുള്ള ഒരു യൂത്ത് ക്ലബ് ആ യൂത്ത് ക്ലബ് പേര് ഇബാഷോ ഇബാഷോ അവിടെ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ സമൂഹത്തിൻ്റെ ഇങ്ങനെ ഒറ്റപ്പെട്ടു നിൽക്കുന്നത് ചിലർ അനാഥത്വം കൊണ്ടായിരിക്കാം സമൂഹവുമായിട്ട് ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ അവിടെ ഒന്നിച്ച് കൂട്ടി അങ്ങനെയുള്ളവർക്ക് മാത്രം ഉള്ള പ്രവേശനമുള്ള സ്ഥലമാണ് അവരെ തിരിച്ച് ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് മെല്ലെ മെല്ലെ കൊണ്ടുവരുന്നൊരിടമാണ് ഇബോഷ ഇബോ ഇബോഷ ഇബാഷോ സോറി ഇബാഷോ ഈ ഇബാഷോയിൽ അവർ ഈ ഇങ്ങനെ വന്ന് ഡിസ്കണക്റ്റഡായി നിൽക്കുന്ന ഈ ആൾക്കാർ സമൂഹത്തിന് വേണ്ടാത്ത അല്ലെങ്കിൽ അവരെ തന്നെ സ്വയം പരിതരിച്ച ഈ വ്യക്തികളെ അവിടെ ഒന്നിച്ച് മെല്ലെ മെല്ലെ മെല്ലെ അവരെ വീണ്ടും ആ സമൂഹത്തിൻ്റെ മുഖ്യ മുഖ്യധാരയിലേക്ക് നയിക്കുന്ന ഒരു ക്രമീകരണം നടത്തുന്ന ക്ലബിനാണ് ഇബാഷോ എന്ന പേര് ഇപ്പോൾ ഒരു ഒരു ഒരു മറുവശത്തല്ലേ നിൽക്കുക ദൈവവുമായിട്ട് ഡിസ്കണക്റ്റഡായിപ്പോയി നമ്മൾ സോറി ലേഖന രണ്ടാം അധ്യായത്തിൽ പറയുന്നത് പോലെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്നവരായി നമ്മയും അവനുപിച്ചു ദൈവവുമായിട്ട് എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ട് ആത്മീയമായിട്ട് മരിച്ചവരായി ഒരു പ്രതീക്ഷയുമില്ലാതെ പാപത്തിന്റെ അടിമകളായി ജീവിച്ചിരുന്ന നമ്മെ അവൻ രക്ഷിച്ചു കത്താവ് നമുക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്ത് തൻ്റെ രക്തത്തിൻ്റെ അവസാനത്തോടെയും നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് ഒരു ദിവസം നമ്മും നാമും കർത്താവ് നിശ്ചയിച്ചൊരു നിർണയം നിർണയിച്ചൊരു ദിവസം നാം കർത്താവിനെ കണ്ടുമുട്ടി കണ്ടുമുട്ടി നാം രക്ഷിക്കപ്പെട്ടു ആ രക്ഷിക്കപ്പെട്ട നമ്മയെ കർത്താവുമായുള്ള ബന്ധത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്ന ഒരിടമാണ് ഈ ഭാഷ സഭ ഈ ഭാഷയുടെ നെജലപോലെ അല്ലെങ്കിൽ സഭയുടെ നെജൽ പോലെ ഞാൻ ആ കഥ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമ്മളെ ചെയ്യുന്നത് എന്താണ് നമ്മളും എല്ലാവർക്കും ഒരു യോഗ്യതയില്ല അല്ലേ നമ്മളെല്ലാം ബ്രോക്കണായിട്ടുള്ള ആൾക്കാരാണ് സമൂഹത്തിൽ ബ്രോക്കണായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് വന്ന കുഞ്ഞുങ്ങളെ എപ്രകാരം ആ തിരിച്ച് മുഖ്യധാരയിലേക്ക് കൊണ്ടു വന്ന് വന്ന പോലെ തന്നെ ദൈവവുമായിട്ടുള്ള ബ്രോക്കൺ റിലേഷൻഷിപ്പുള്ള നമ്മളെ തിരിച്ച് ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ദൈവം വിചരിക്കുന്ന ഇടവാ സഭ അപ്പോൾ ഈ ഒരു കാര്യം എങ്ങനെയാണ് സാധിക്കുക ആ ഇഭാഷോയിൽ ഈ ഇങ്ങനെയുള്ള വേർപെട്ടുപോയ ആ മക്കളെയെല്ലാം അവർ തമ്മിൽ തമ്മിലുള്ളൊരു ബന്ധത്തിലേക്ക് ആദ്യം കൊണ്ടുവരിക അവർ തമ്മിൽ പരസ്പരം ഒരേ മനസ്സിലാക്കാനും പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം എൻകറേജ് ചെയ്യുവാനും പരസ്പരം ഒന്നിച്ച് പോകുവാനും ഒക്കെ അവരെ ഉത്സാഹിപ്പിച്ച് ഉത്സാഹിപ്പിച്ച് ഉത്സാഹിപ്പിച്ച് അവരെ നോക്കുക അവർ സമൂഹത്തിലേക്ക് മടങ്ങി വരിക ഇവിടെ നമ്മൾ ദൈവസഭയിലും അങ്ങനൊരു കാര്യമാണ് നാം പരസ്പരം ദൈവത്തിൻ്റെ സ്നേഹത്തിലായിരിക്കുമ്പോൾ തന്നെ നാം പരസ്പരം തകർക്കപ്പെട്ട അല്ലെങ്കിൽ നുറക്കപ്പെട്ടവരായ നാം ഒരു ബ്രോക്കൺ നമ്മൾ ആ ബ്രോക്കൺ നെസ്സിൽ നിന്ന് നമ്മൾ കർത്താവിനെ കണ്ട ഒരു ആവശ്യബോധം തോന്നി ഒരു ദിവസം ഈ പാപ സ്വഭാവം നമ്മൾ മടുത്തു ഇങ്ങനെ മുമ്പോട്ട് പോകാനാവില്ല ദൈവത്തിൻ്റെ മഹാകരുണയിൽ നാം കർത്താവിനെ കണ്ടുമുട്ടി കൃത്യപ്പെട്ട ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവരുമ്പോൾ അവിടെ എല്ലാവരും ഒരുപോലെ അല്ലേ അവിടെ എല്ലാവരും ഒരുപോല ദൈവിക സംവിധാനത്തിലേക്ക് നമ്മൾ മടക്കിക്കൊണ്ടുവരുന്ന ദൈവ കുടുംബത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്ന ഒരനുഭവമാണ് സഭയിൽ നാം അനുഭവിക്കുക അതിനായിട്ടാണ് ദൈവിക സംവിധാനങ്ങൾ സഭയിൽ ദൈവം വെച്ചിരിക്കുന്നത് ഇതിലേക്ക് നമ്മളെ കത്താവിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാനായിട്ട് ദൈവവചനം നമുക്കുണ്ട് അല്ലെങ്കിൽ ആ നിലയിൽ ഉത്തരവാദിത്തപ്പെടുമേ ദൈവം വെച്ചിരിക്കുന്നു ഇവരിലൂടെ ദൈവം ചെയ്യുന്നത് അവരെ തന്നെയും അവരെ ആക്കി വെച്ചിരിക്കുന്ന ആ ആ ഒരു കൂട്ടത്തെയും ദൈവത്തിൻ്റെ ഈ സ്നേഹത്തിലേക്ക് ദൈവത്തിൻ്റെ ഈ നിറവിലേക്ക് ദൈവിക സ്വഭാവത്തിലേക്ക് കൂടുതൽ കൂടുതൽ കൊണ്ടുവരുന്നു ഇതാണ് സഭയുടെ ചിത്രം ഈ ഒരു ഗൗരവവും നമുക്ക് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് നാം സഭയുമായിട്ടുള്ള ബന്ധത്തിൽ നാം നമ്മുടെ ജീവിതത്തെ ആ നിലയിൽ ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു ലൂക്കോസിന് സുവിശേഷത്തിൽ ഒരു ദൈവഭവനത്തെ നാം കത്താവ് കാണിച്ചു തരുന്നുണ്ട് ദൈവിക ഭവനത്തിൽ സംഭവിക്കുന്നൊരു കാര്യം ലോക്കോസിൻ അസോസിയേഷൻ പതിനഞ്ചാം അധ്യായത്തിൽ അവിടെ ആ മുടിയനായ പുത്രൻ്റെ ഉപമയിൽ രണ്ടാം ഘട്ടത്തിൽ അതൊരു ദൈവഭവനമാണ് പിതാവിന് ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന പിതാവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മാനസാന്തരത്തെ പ്രതിനിധീകരിക്കുന്ന ആ മുടിയനായ പുത്രൻ്റെ കഥയിൽ അവിടെ ഇങ്ങനൊരു വാക്യവും നമുക്ക് കാണുന്നുണ്ട് അവിടെ പതിനഞ്ചിൻ്റെ ഇരുപത്തി എട്ടിൽ എത്ര ദുഃഖകരമായൊരു കാര്യമാണ് ഇങ്ങനെ വായിക്കുന്നു ലുക്കാർഡ് ശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം അപ്പോൾ അവൻ കോപിച്ചു അകത്ത് കിടക്കുവാൻ മനസ്സില്ലാതെ ഒരു ദൈവഭവനത്തിലെ അവസ്ഥയാണ് അപ്പോൾ അവൻ കോപിച്ചു അവൻ അകത്ത് കിടക്കാൻ മനസ്സില്ലാതെ മുറിപ്പെട്ടവനായിട്ട് നമുക്ക് ദൈവസഭയിൽ ഇങ്ങനൊരു അനുഭവമുണ്ടോ അവിടെ തുടർന്ന് നമ്മൾ കാണുന്നുണ്ട് അപ്പൻ പുറത്ത് വന്ന് ഹീസ് പ്ലീഡിങ് മകനോട് പ്ലീഡ് ചെയ്യുക അല്ലേ പാപിയായൊരു മകൻ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നപ്പോൾ കെട്ടിപ്പുണർന്ന അപ്പന് ഇപ്പോൾ നോക്കുക മൂത്ത മകൻ അവൻ്റെ കൂടെ നിര നിത്യമായിട്ടുണ്ടായിരുന്നവൻ ഒരിക്കലും തന്നെ പിരിഞ്ഞു പോകാത്തവൻ അവൻ്റെ മുമ്പിൽ പിതാവ് പ്ലീഡ് ചെയ്യുക മകനെ നീ അടുത്തേക്ക് കടന്നുവാ നീ ഫീസിലേക്ക് ഒന്ന് എൻ്റെ ഫീസിലേക്ക് നീ കടന്നു വാ ഈ സ്വസ്ഥതയിലേക്ക് നീ ഒന്ന് വാ അവിടെ മകൻ്റെ റിപ്ലൈ കണ്ടോ ഇത്ര കാലമായി മറുപടി ഇങ്ങനെയാ പറയുന്നത് ഇത്ര കാലമായി കൃത്യമായിട്ട് എണ്ണം പറഞ്ഞു അവന് കഴിഞ്ഞ ഇരുപത്തി ഒമ്പത് ഞാൻ നിന്നെ സേവിക്കുന്നു നിന്റെ കൽപ്പനയൊന്നും ഒരിക്കലും ലംഘിച്ചിട്ടില്ല നമുക്ക് അവൻ്റെ ക്ലെയിംസ് രണ്ടെണ്ണോ ഇത്ര ഞാൻ നിന്നെ സേവിക്കുന്നു I have never neglected a command of yours. എന്താ അവനെ പറ്റിയത് അവൻ എപ്പോഴും അവൻറേതായ ഒരു ഫീസ്റ്റ് അവൻ അനിവേശിച്ചു അവൻ പിതാവിന്റെ കൂടെ ആയിരുന്നു അവൻ ദൈവസഭയിൽ ആയിരുന്നു പക്ഷേ i would say he was outside the fellowship of his father ഒരുവൻ ദൈവസഭയിൽ ആയിരിക്കേ പിതാവിൻ്റെ കൂകൂടെ തന്നെ വസിച്ചു അല്ലെങ്കിൽ പൂർണ്ണമായും അനുസരിച്ചു ബാഹ്യമായൊരു അനുസരണമുണ്ട് ഞാൻ ഇവിടെ തന്നെ ദൈവസഭ ഒടത്തും ഞാൻ വിട്ടുപോയില്ല ഞാൻ ഈ സഭയിൽ പലരും പലരും പുറത്തേക്ക് പോയപ്പോൾ ഞാൻ ഇവിടെത്തന്നെ നിന്നു പക്ഷേ അവൻ്റെ ചിന്ത ഏതായിരുന്നു അവന് എൻ്റെ സുഹൃത്തുക്കളോടൊത്ത് ആനന്ദിക്കേണ്ടതിന് നീ എനിക്കൊരു കാട്ടിൻകുട്ടിയെ തന്നില്ല പിതാവിൻ്റെ ഹിതത്തെ ഒരു കൽപ്പനയായി മാത്രം കണ്ടു അവൻ പിതാവിൻ്റെ ഹിതത്തെ കണ്ടില്ല പിതാവിൻ്റെ ഹൃദയത്തെ കണ്ടില്ല മറിച്ച് പിതാവിൻ്റെ കൽപ്പനകളെ കണ്ടു അവനൊരിക്കലും പിതാവിൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അവൻ എന്നോട് അവൻ്റെ യഥാർത്ഥ അവസ്ഥയെന്ന് അവൻ എന്നും പിതാവിനോടൊപ്പം ആ ഫീസില് പങ്കാളിയാകാമായിരുന്നു പിതാവ് അവനെക്കുറിച്ച് ആഗ്രഹിച്ചു നീ മോനെ നീ നീ എനിക്ക് വേണ്ടി എൻ്റെ കൽപ്പനകളൊക്കെ അനുസരിക്കുമ്പോൾ തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന ഈ കൂട്ടായ്മയാണ് എല്ലാ ദിവസവും നിനക്ക് എന്നോട് കൂടി ആ ഫീസ്റ്റിങ്ങിലേക്ക് ആ ഫെലോഷിപ്പിലേക്ക് കടന്നു വരേണ്ടത് ആവശ്യമാണ് നോക്കാം അവനൊരിക്കലും മനസ്സിലായി അവന് അവനെപ്പോഴും തൻ്റെതായ ഒരു ദേശങ്ങൾ തൻ്റേതായ താൻ തനിക്ക് വചനജ്ഞാനമുണ്ട് എനിക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം അറിയാം ഞാൻ വർഷങ്ങളായിട്ട് സാഹിത് ബദിൻ്റെ ഗ്യാസസ് കേൾക്കുന്നുണ്ട് വർഷങ്ങളായിട്ട് ഉള്ള നല്ല മെസ്സേജ് സുഹൃത്ത് ഞാൻ വിടാറില്ല എനിക്കറിയാം ഇപ്പോൾ വരെ ചിലപ്പോൾ നാമ പിതാവിൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കാത്തവരായിട്ട് സാത്താനാൽ വഞ്ചിക്കപ്പെട്ടവരായി മാറുവാൻ ഒരു ഒരു കാര്യമുണ്ട് ഒരു അപകടത്തിലാണ് നമ്മൾ നിൽക്കുക കാരണം എന്താണ് കാരണം എന്താണ് പിതാവിൻ്റെ ഫീസ്റ്റ് എവിടെയാണ് നടക്കുന്നത് പിതാവിൻ്റെ ഫീസ്റ്റ് നടക്കുന്നത് മാനസാന്തരത്തിലാണ് രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാം ഇപ്പോൾ പിതാവ് നമുക്ക് വേണമെങ്കിൽ ഒരിക്കലും പിതാവിൻ്റെ ഈ ഫീസിലേക്ക് പങ്കെടുക്കാതെ തന്നെ ഒരു സഭയിലാക ആയിരിക്കാൻ പറ്റും നമുക്ക് വി ക്യാൻ വി ക്യാൻ ചൂസ് ടു ബി ചൂസ് ടു ഓപ്റ്റ്ഔട്ട് ഓഫീസ് ഫെലോഷിപ്പ് നമ്മൾ മറ്റു മനുഷ്യരുടെ മുമ്പിൽ അപ്പോഴൊരു സാക്ഷ്യം ഉണ്ടാവും സഭയിലാണ് സഹോദരങ്ങളുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ട് അപ്പോൾ തന്നെ പിതാവുമാരുടെ കൂട്ടായ്മ അല്ലെങ്കിൽ ഈ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം ഒരു സഭയിൽ തുടരാൻ പറ്റും എന്നുള്ള അപകടം തിരിച്ചറിയണം അപ്പം രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഫീസ്റ്റ് പിതാവിൻ്റെ ഫീസ്റ്റിൻ്റെ പങ്കുകാരാണ് ഒന്ന് പിതാവുമായിട്ടുള്ള ഫെലോഷിപ്പിലേക്ക് മടങ്ങി അങ്ങനെയാണല്ലേ ആ മുടിയനായ ബന്ധപ്പെട്ട ഫീസ്റ്റ് കത്താവ് പറയുന്നു ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറക്കുവിൻ നാം തിന്നാനന്ദിക്കുക ഇതാ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു കണ്ടു കിട്ടിയിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അവരാണെന്നു തുടങ്ങി നോക്കുക ഒരു മാനസാന്തത്തിൻ്റെ മുമ്പിൽ പിതാവുമായുള്ള കൂട്ടായ്മയിലേക്ക് മടങ്ങുവരവിലെല്ലാം സ്വർഗം സന്തോഷിക്കുകയും ആ ഒരു ഫീസ് പിതാവുമായുള്ള ഫീസ്റ്റിങ്ങാണ് അവിടെ നടക്കുക മറിച്ച് എന്താണ് മറിച്ച് നാം അത് മനസ്സിലാക്കാതെ പോയാൽ നാം ഇപ്പോഴും പതിനഞ്ചിൻ്റെ മുപ്പതിൽ പറയുന്ന കാര്യം നമുക്ക് ഭയത്തോടെ നോക്കാം അവൻ പറയുന്നുണ്ട് ജ്യേഷ്ഠ സഹോദരൻ എന്താണ് ഈ ഫീസിലേക്ക് കടന്നു വരാതെ നോക്കി ഒരു കുറ്റാരോപണത്തിലേക്ക് വരികയാണ് വേശ്യന്മാരോടുകൂടെ നിന്റെ മുതൽ തിന്ന് കളഞ്ഞ നിന്റെ മകൻ വന്നപ്പോഴോ നോക്കി അവിടെ ഒരു അക്യൂസിയേഷനാണ് വെൽത്ത് വിത്ത് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആരാണ് ദിസ് സൺ ഓഫ് യുവേഴ്സ് ദിസ് സൺ ഓഫ് യുവേഴ്സ് ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള വിശ്വാസികളാ സഭയ്ക്കകത്ത് നാല് ചോദിക്കുക ഒറ്റക്കൊറ്റയ്ക്ക് ദിസ് സൺ ഓഫ് യുവേഴ്സ് ദിസ് സൺ ഓഫ് യുവേഴ്സ് അവിടെ കത്താവിനെ കറക്റ്റ് ചെയ്യുന്നുണ്ടോ അവിടെ അവസാനത്തെ വാക്യം പറയുമ്പോ കത്താവ് പറയുന്നുരണ്ടാം വാക്യം ഇങ്ങനെയാണ് നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു കത്താവിനെ തിരുത്തുകയാണ് ദിസ് സൺ ഓഫ് ദിസ് This brother of yours. This son of yours. He will put it in the name of God. He will not be able to tell you. He will not be able to tell you. He will tell you. He will tell you. This brother of yours. You will tell him. This brother of yours. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സഹോദരങ്ങളെന്ന നിലയിൽ നാം നാം എങ്ങനെയാണ് ഇപ്രകാരമാണ് പ്രിയപ്പെട്ടവരെ അവിടെ കഥാപനോട് പറയുന്നൊരു കാര്യമുണ്ട് മുപ്പത്തി ഒന്നാം വാക്യം എങ്ങനെയാണ് അതിന് അവൻ അവനോട് മകനെ നീ എപ്പോഴും എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ എനിക്കുള്ളതെല്ലാം നിൻറ്റേതാകുന്നു എന്ന് പറഞ്ഞു നമുക്ക് വിഘടിച്ച് നിൽക്കുന്ന ഒരു മകനോട് കത്താവ് അനുനയിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് നീ എപ്പോഴും എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ കാരണം അവൻ്റെ ക്ലെയിം എന്താ പറഞ്ഞേ ഞാൻ ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു അതിന് മറുപടി ഒന്നോണം കത്താവ് പറയുക നീ എപ്പോഴും മുന്നോട്ട് കൂടി ഇരിക്കുന്നുവല്ലോ എനിക്കുള്ളതെല്ലാം നിൻറ്റേതാകുന്നു എന്ന് പറയുമ്പോൾ നാം ഒരു പക്ഷേ ചിന്തിച്ചേക്കാം നീ പേടിക്കണ്ട നിനക്കുള്ള വീതം നിനക്ക് തന്നെയാണ് നിൻ്റെ മോലൊന്നും നഷ്ടപ്പെട്ടു പോകുകയില്ല എന്നാണോ കർത്താവ് പറഞ്ഞത് അല്ല നമുക്കവിടെ കാണാൻ പറ്റും കത്തിനോട് ചേർന്ന് വായിക്കുന്ന കാര്യങ്ങൾ വായിക്കുമ്പോൾ നാം ഇങ്ങനെയാണ് വായിക്കുക നീ ഇത്ര കാലം എന്നോട് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മകനെ നീ എന്നെ എൻ്റെ ഹൃദയത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെതെല്ലാം നിൻ്റെതാകമായിരുന്നു എൻ്റെ സ്വഭാവം മൈ നേച്ചർ മൈ എൻ്റെ കരുണ എൻ്റെ സ്നേഹം ഇത് നിൻ്റേതാകമായിരുന്നു കണ്ണാതെ തുറന്നൊക്കെ താ പറയുന്നതാ നിൻ്റെ ഈ സഹോദരനെ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു കണ്ടുകിട്ടിയിരുന്നു കണ്ട് കിട്ടിയിരിക്കുന്നു ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു കാരണം നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കഥാവ് പറയുന്നത് നീ എന്നെ അറിഞ്ഞുവെന്ന് പറഞ്ഞെങ്കിൽ നീ എന്നോട് ഇത്രനാളും എൻ്റെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ നീ കരുതെങ്കിൽ നിനക്കിതെങ്ങനെ നഷ്ടപ്പെട്ടു പോയി സ്നേഹം നിനക്കില്ലാതെ എങ്ങനെ പോയി എൻ്റെ കരുവണം നിനക്ക് അതിൻ്റെ സഹോദരനോട് എങ്ങനെ തോന്നാതെ പോയി കർത്താവിൻ്റെ ആർദ്രകരുണ നമുക്കില്ലാതെ പോകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ നാം സന്തോഷിക്കേണ്ടവരായി ഇരിക്കുന്നവരെ സഭയിൽ ആ നിലയിൽ പരസ്പരം വഹിച്ചും പരസ്പരം സ്നേഹിച്ചും സ്നേഹത്തിൻ്റെ ഐക്യ ഐക്യത്തിൽ സമാധാനത്തിൻ്റെ ആത്മാവിൽ നാം ആയിരിക്കേണ്ടതിന് പകരം നമുക്ക് ആരോടെങ്കിലും ഒരു പരാതിക്കാരനായിട്ട് നമ്മളിവിടെ ഇരിപ്പുണ്ടോ ഇന്ന് കത്താവ് നമ്മളെ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ കത്താവ് പറഞ്ഞതുപോലെ കത്താവിൻ്റെ കരുണയും കത്താവിൻ്റെ വിശ്വസ്തയും കത്താവിൻ്റെ സ്നേഹവും നമുക്ക് സഭയിൽ പ്രദർശിപ്പിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം എന്താണ് ഈ മൂത്ത സഹോദരനെ പറ്റിയത് അവൻ്റെ ഹൃദയം മുഴുവൻ പ്രൈഡാകണമല്ലേ അവൻ്റേതായ സ്വയം നീതിയിൽ അവൻ്റെ തന്നെ ശക്തിയിൽ ദൈവത്തെ സേവിക്കാൻ ദൈവത്തെ മനസ്സിലാക്കാൻ തൻ്റെതായ ശ്രമം എന്തുപറ്റി അവന് ആ ഫീസ്റ്റിലേക്ക് വരാൻ കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞതുപോലെ ഫീസ്റ്റ് എപ്പോഴും റിപ്പൻറ്റൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ല കർത്താവിൻ്റെ ആ കൂട്ടായ്മയിലേക്ക് മടങ്ങി വരുന്നൊരു അനുഭവത്തിലാണ് ഇപ്പോഴും ദൈവസഭയുടെ ഫീസ്റ്റ് അതാണ് റെസ്റ്റ് റെസ്റ്റ് എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒരു മുറിയിൽ കിടന്ന് ഉറങ്ങുന്ന കാര്യമല്ല മറിച്ച് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലെപ്പോഴും ഏറ്റവും സജീവമായിട്ട് കർത്താവിന് ഹൃദയം തന്നെയുള്ളവരായിട്ട് ഇന്ന് നമ്മൾ പാട്ട് പാ കുഞ്ഞുങ്ങൾ പാടിയതുപോലെ എൻ്റെ എൻ്റെ എൻ്റേതെല്ലാം മാറ്റിവെച്ച് എൻ്റേതായ എല്ലാ ആഗ്രഹങ്ങളും ഇല്ലാതെ ഇന്ന് കർത്താവ് തന്നെ എൻ്റെ എല്ലാമായി മാറുന്നൊരവസ്ഥ നമുക്കിവിടെ നോക്കി അവസാനം നോക്കുക തൻ്റെ കൂടെയായിരുന്നവർ തൻ്റെ സഭയിലുള്ളവർ തന്നെ വിട്ടുപിരിയാതെ വർഷങ്ങളോളം ഉണ്ടായിരുന്നവർ ഈ ഫീസ്റ്റിലേക്ക് കിടക്കാനായിട്ട് പിതാവ് പ്രീഡിയുന്നൊരു കാര്യം ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ഒരു ഉപമയിൽ കാണുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കണം കത്താവ് നമുക്കായിട്ട് വെച്ചിരിക്കുന്ന ഫീസ്റ്റ് ഇനിയും ശേഷിക്കുന്നുണ്ടോ നാം ആ ഫീസ്റ്റ് എൻജോയ് ചെയ്യുന്നുണ്ടോ ആ ട്രസ്റ്റ് നമ്മുടെ ഹൃദയത്തിൽ ഒരു സമാധാനമുണ്ടോ നമ്മുടെ സാഹോദര്യബന്ധം എങ്ങനെയാണ് സഭയിൽ നമ്മൾ ചിലരുടെ ശ്രേഷ്ഠരായും ചിലരുടെ ശ്രേഷ്ഠ ഇല്ലാത്തവരായും കാണുന്നുണ്ടോ അതോ നമ്മുടെ മനോഭാവം ഈ നിൻ്റെ മകൻ എന്നാണോ കത്താവിൻ നമ്മളോട് പറയുന്നു മകനെ മകളെ ഈ നിൻ്റെ സഹോദരൻ ഈ നിൻ്റെ സഹോദരി ആ ഒരാത്മാവിലേക്ക് നമുക്ക് കടന്നു വരാൻ ആഗ്രഹിക്കാം സഭ ഇന്ന് ഈ അവസാന നാം സഭയുടെ ഈ നിലയിലുള്ള വിളി തിരിച്ചറിയണം ഇല്ലെങ്കിൽ നാം ഒരു ആത്മീയമായിട്ട് ആത്മീയരായിട്ടും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പിതാവും യുവാർ സൺ ഓഫ് സൺ ഓഫ് യുവേഴ്സ് ഐ ആം യുവർ സൺ എന്നുള്ളതിൽ ക്ലെയിം ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ കുറവ് കാണും എൻ്റെ നിൻ്റെ ഈ എവിടെ നിൻ്റെ ഈ സഹോദരി എവിടെ നിൻ്റെ ആ സഹോദരിയോടെ മനോഭാവം നിൻ്റെ ഹൃദയത്തിൽ കൈപ്പുണ്ടോ ഇന്ന് നമുക്ക് മടങ്ങി വരാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവസന്നിധിക്ക് വരാൻ കഥാവേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചില കേൾവികൾക്ക് അപ്പുറത്തേക്ക് ഒരു സദ്വാർത്ത കേട്ടവനോ കേട്ടവളോ ആയി മാറാതെ മറിച്ച് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നവരും നമ്മെ പോലെ ഒന്നാകേണ്ടതിന് പിതാവേ ലോകത്തിലങ്ങേ പ്രതിഫലിപ്പിക്കുവാനായിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഒരേ ആത്മാവിൽ സ്നേഹത്തിൻ്റെ ഒരേ കൂട്ടായ്മയിൽ പരസ്പരം വഹിക്കുന്നവരും പരസ്പരം സ്നേഹിക്കുന്നവരും പരസ്പരം ആ നിലയിൽ സമർപ്പിക്കുന്നവരുമായിട്ട് കതാവെ നിന്നെ പ്രതിഫലിപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവർ നമ്മുടെ യോഗ്യത നമ്മുടെ താഴ്മയായിരിക്കട്ടെ താഴ്മയായിരിക്കട്ടെ നമ്മുടെ യോഗ്യത കാരണം ഈ ബാഷോ അവിടെ എല്ലാവരും ബ്രോക്കണായിട്ടുള്ള ആൾക്കാരാണ് നമ്മളാരെങ്കിലും യോഗ്യത ആയിട്ടാണോ കടന്നു വന്നതല്ല നമ്മുടെ അയോഗ്യതയിലാണ് കത്താവ് നമ്മുടെ നമ്മളെ വിളിച്ചത് ദൈവത്തോള ഒത്തുള്ള ഒരു വിശ്രമത്തിലേക്ക് നമ്മെ നമുക്ക് നമുക്ക് പ്രവേശിക്കാം നമ്മുടെ കണ്ണനിലായിരിക്കട്ടെ നമ്മുടെ സ്ട്രെങ്ത്ത് ദൈവമേ ദൈവമേ അങ്ങയുടെ സഭയിൽ അങ്ങ് എനിക്ക് തന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും വിലമതിക്കാൻ എന്നെ സഹായിക്കണേ നമുക്ക് നമുക്ക് ആഗ്രഹിക്കാം ഇന്ന് നമുക്ക് എന്തെങ്കിലും ആന്തരികയിൽ നമുക്ക് ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഏതെങ്കിലും കൈപ്പോ ഏതെങ്കിലും ഒരു കാര്യമൊക്കെ ഇടപ്പുണ്ടെങ്കിൽ ഇന്ന് ദൈവസന്നിധിക്ക് നമുക്കത് കൊണ്ടുവരികയും കഥാപിന്റെ രക്തത്താൽ നമ്മളെ തന്നെ കഴിയുകയും ആ സ്നേഹബന്ധത്തിലേക്ക് വീണ്ടും ഓ വലിയ ആഗ്രഹത്തോടെ മടങ്ങി വന്ന ആഫീസിലേക്ക് എൻ്റെ സഹോദരൻ എൻ്റെ സഹോദരി എന്നുള്ള നിലയിൽ നമുക്ക് താവുന്ന സന്നിധിയിൽ ആ വിശ്രമത്തിലേക്ക് നമുക്ക് കിടക്കാം നുറുക്കത്തിലൂടെ ആ താഴ്മയിലൂടെ ആ ഇബാഷോ എന്നുള്ള അനുഭവത്തിലേക്ക് സഭയെ നമുക്ക് ആ നിലയിൽ വിലമതിക്കുകയും നമുക്ക് അനുസരണത്തിലൂടെയും ദൈവം വചിക്കും ദൈവിക സംവിധാനത്തിൽ കീഴ്പ്പെട്ടും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ നമുക്ക് അറിയുകയും അത് തികക്കുകയും ചെയ്യുന്നവരായി തീരാം ദൈവം നമ്മെ സഹായിക്കട്ടെ